ആദ ജനതയുടെ സഹോദരനെ ഓർക്കുക അഹ്കാഫിൽ വെച്ച് അദ്ദേഹം തന്റെ ജനതയ്ക്ക് താക്കീത് നൽകി അദ്ദേഹത്തിന് മുൻപും പിൻപും താക്കീതുകൾ വന്നിരുന്നു അള്ളാഹു സുബഹാനഹൂവ തയാലായ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് മഹത്തായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ നിങ്ങൾക്കു വേണ്ടി ഭയപ്പെടുന്നു എന്നദ്ദേഹം പറഞ്ഞു